അപ്പോൾ അദ്ദേഹത്തിന്റെ ജനതയിലെ സത്യനിഷേധികളായ പ്രമുഖർ പറഞ്ഞു ഞങ്ങൾ നിങ്ങളെ ഞങ്ങളെപ്പോലെയുള്ള ഒരു മനുഷ്യനായിട്ടല്ലാതെ കാണുന്നില്ല നമ്മുടെ താഴ്ന്നവർ മാത്രമാണ് നിങ്ങളെ പിന്തുടരുന്നത് എന്ന് ഞങ്ങൾ കാണുന്നു ഞങ്ങളുടെ നിങ്ങൾക്ക് യാതൊരു ശ്രേഷ്ഠതയും ഞങ്ങൾ കാണുന്നില്ല പകരം നിങ്ങൾ കളവു പറയുന്നവരാണെന്ന് ഞങ്ങൾ കരുതുന്നു